ശ്രദ്ധിക്കുക പരിശുദ്ധമായ ആരാധന അള്ളാഹുസുബഹാനുഹൂവ ത്യലാക്കു മാത്രമുള്ളതാണ് അവന് പുറമെ മറ്റ് രക്ഷാധികാരികളെ സ്വീകരിച്ചവർ പറയുന്നു അള്ളാഹുസുബാനുഹൂവ ത്യലാവിങ്കിലേക്ക് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിവരെ ആരാധിക്കുന്നത് അവർക്കിടയിൽ അവർ തർക്കിക്കുന്ന കാര്യങ്ങളിൽ അള്ളാഹുസുബാനുഹുവ തായാല തീർപ്പ് വിധിക്കുന്നതാണ് തീർച്ചയായും കള്ളം പറയുന്നവനും നന്ദി കെട്ടവനുമായ ഒരാളെ അള്ളാഹുസുബാനുഹുവ തായ നീർവഴിയിലാക്കുകയില്ല